വിടെ അനുമാനം നടത്തിയ അജ്ഞാനം നാവ അഭാവ മാനാഗമ്യത്വമാണ് അജ്ഞാനം എന്ന മാനഗമ്യം മാനനിവർത്തിയത്വമാണ് പറയുന്നത് ഇത് ശരിയല്ല മാനാഗമ്യം നിങ്ങൾ അനുമാനത്തിലൂടെ ശ്രദ്ധിക്കാൻ പോകുമ്പോൾ അത് ഈ മാനം ഈ അനുമാനം ഒറ്റ ഏതന്മാനഗമ്യത്വം അത് ഞങ്ങൾ അംഗീകരിക്കുന്നു വേറെ ഒരു മാനത്തിന് ഗമ്യമല്ലെന്ന് പറഞ്ഞാലും എന്തുവരുന്നു വ്യാഘാതം വരുന്നു ഏതത് മാന ഗമ്യത്വം ഒന്നും മാന അഗമ്യമെന്നും പറയുന്നില്ല എന്തായാലും വിരോധമുണ്ട് പറയുന്നു അങ്ങനെ പറയുന്ന കുഴപ്പമില്ല ആത്മാവ് അവേദ്യമാണ് നിങ്ങൾ അവേദ്യത്വ അനുമാനത്തിലൂടെ സാധിക്കുന്നു പറയുന്നു ആത്മാവിനെ സംബന്ധിച്ച് സാധിക്കാം കാരണം അവിടെ വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി രണ്ടുണ്ട് ആത്മാവിൽ നിങ്ങൾ വൃത്തിവ്യാപ്തി ആഗ്രഹ അംഗീകരിക്കുന്നതുകൊണ്ടത് വേദ്യമാണ് ഫലവ്യാപ്തിയെ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് അവേദ്യമാണ് ആത്മാവിന് പ്രശ്നമില്ല വൃത്തിവ്യാപ്യത്വം അംഗീകാരം അജ്ഞാനത്തില് വൃത്തിവ്യാപ്തിയെ സ്വീകരിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അജ്ഞാനത്തിൽ വൃത്തിവ്യാപ്തിയെ സ്വീകരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അത് സാക്ഷിഭാസ്യമാണ് അജ്ഞാനം സാക്ഷിഭാസ്യമാണ് അപ്പം പിന്നെ അവിടെ കാര്യൊന്നുമില്ല അനുഹജവൃത്തി വ്യാപ്യത്വം അനംഗീകാരം അത് മാത്രമല്ല എന്താണ് എന്ന് പറഞ്ഞാൽ പ്രമാണ നിവർത്തിയമായി ഒന്ന് പ്രമാണഗമ്യമാകത്തില്ല എന്ന് പറഞ്ഞു പ്രമാണം കൊണ്ടറിയുന്ന ഒന്ന് പ്രമാണം കൊണ്ടില്ലാതാകത്തില്ല അല്ലെങ്കിൽ പ്രമാണം കൊണ്ടില്ലാതാകുന്ന ഒന്ന് പ്രമാകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിനനുഷേധിക്കുന്നു എന്നുവെച്ചാൽ പ്രമാണനിവർത്തിയ പ്രമാണ ഗമ്യത്വ നിയമ പ്രമാണ അഗമ്യത്വ നിയമ പ്രമാണം കൊണ്ട് നിവർത്തിക്കുന്നുവെന്ന് പ്രമാണ അഗമ്യമാണെന്ന് പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ പ്രമാണഗമ്യമാണെന്ന്ർത്ഥം പ്രമാണം കൊണ്ട് നിവർത്തിക്കുന്നു പ്രമാണഗമ്യവും ആകാം എന്ന് പറയുന്നു ആര് പറയുന്നു അജ്ഞാനം ന ജ്ഞാനാഭാവ എന്ന് ഒരാൾ പറഞ്ഞു ഏതൊരാൾ പറഞ്ഞു അത് അഭാവമാന അഗമ്യത്വമാണെന്നുള്ളത് എന്തുകൊണ്ട് അഭാവമാനാഗമ്യമായി മാനനിവർത്തിയമാകുന്നത് മാനഗമ്യം ഗമ്യം അകത്തില്ല എന്ന് പറഞ്ഞയാൾ അവർ അത് അനുകൂലമായി വരുന്ന ആർക്ക് അജ്ഞാനം ജ്ഞാനാഭാവ എന്ന് പറയുന്നവർക്ക് അത് അനുകൂലമാണ് അജ്ഞാനം ജ്ഞാനാഭാവം അല്ല എന്ന് പറയുന്ന അദ്ധൈനക്ക് അനുകൂലമാണ് ൊണ്ട് നിവർത്തിക്കുന്നത് മാനഗമ്യവുമാകാം എന്ന് പറയുന്നത് പ്രമാണ നിവർത്തിയ പ്രമാണ അഗമ്യത്വം ഉദാഹരണം പറയുന്നത് എന്താണ് പ്രത്യഭിജ്ഞാന പ്രമാണ നിവർത്തിയ തദ്ഹേതോ സംസ്കാര നിത്യപരോക്ഷതയ സാക്ഷഭാവേന അനുമാന അഗമ്യത്വ അംഗീകാര അനുമാന ഗമ്യത്വ അംഗീകാരുന്നു മാനഗമ്യം ആയിട്ട് സംസ്കാരത്തെ എടുക്കാം സംസ്കാര ഏത് മാനത്തിന് ഗമ്യമാണോ അനുമാനം സംസ്കാരം എവിടെയിരിക്കുന്നു അന്ധകരണത്തിലിരിക്കുന്നു പക്ഷെ അത് സാക്ഷിഗമ്യമല്ല എന്തുകൊണ്ട് അത് അതീന്ദ്രിയമായതുകൊണ്ട് നിത്യ അതീന്ദ്രിയമാണ് അന്ധകരണത്തിൽ സംസ്കാരം ഇരിക്കുന്നുണ്ടെങ്കിലും നിത്യ അതീന്ദ്രിയമായ സാക്ഷിഗമ്യമല്ല സംസ്കാരം ഉണ്ടെന്ന് പിന്നെ എങ്ങനെ അറിയും അനുമാനത്തിലൂടെമാര് പറയുന്നത് അനുഭവത്തിൽ നിന്നും സംസ്കാരം ഉണ്ടായി സംസ്കാരത്തിൽ നിന്നും സ്മൃതി അപ്പൊ സ്മൃതി കൊണ്ട് അനുമാനിക്കാം എന്താണ് സ്മൃതിക്ക് ഹേതുവായ സംസ്കാരം ഉണ്ടായിരുന്നു ആ സംസ്കാരത്തെ താർക്കികന്മാര് ആത്മാവൽ സ്വീകരിക്കുന്നു അദ്വൈതി അന്ധക്കരണത്തില് വ്യത്യാസമുള്ളു ഇപ്പൊ അനുഭവത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടാവുകയും സംസ്കാരത്തിൽ നിന്ന് സ്മൃതി ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ടാണ് സ്മൃതിക്ക് കാരണമായി സംസ്കാരത്തെ സ്വീകരിക്കുന്നു അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുന്നു ഹനുമാനം എന്തിനാ അന്ധക്കരണം സാക്ഷിവാസിയല്ലേ എന്ന് ചോദിച്ചാൽ അതീന്ദ്രിയമായതുകൊണ്ട് സാക്ഷിക്ക് സംസ്കാരം വിഷയം ആകില്ല പിന്നെ അത് അറിയാൻ ഒരു വഴിയുള്ളു എന്താണ് അനുമാനം ഈ സംസ്കാരം എന്ന് പറയുന്നത് അനുമാനത്തിന് വിഷയമായതുകൊണ്ട് മാനഗമ്യം അതേസമയം മാനനിവൃത്തിയുമാണ് സംസ്കാരം മാനനിവൃത്തിയുമാണ് അതെങ്ങനെ മാനനിവൃത്തിയാവും അതാണ് ഇവിടെ പറയുന്നത് പ്രതിഭിജ്ഞ പ്രമാണ നിവൃത്തിം പ്രതിഭിജ്ഞരു പ്രമാണമാണ് തത്ത ഇതന്ത അവഗാഹിനി ജ്ഞാനം പ്രതിഭിജ്ഞ പ്രതിഭിജ്ഞാനം തത്ത ഇതന്ത അവഗാഹിജ്ഞാനമാണെന്താ പ്രതിജ്ഞ സോ എന്തേവദത്തർക്കരുടെ അഭിപ്രായം അനുസരിച്ച് അനുഭവത്തിൽ നിന്നും സംസ്കാരം സംസ്കാരത്തിൽ നിന്നും സ്മൃതി ഈ സ്മൃതി സംസ്കാരത്തെ നശിപ്പിക്കും നശിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും പിന്നെ എങ്ങനെ സ്മൃതി ഉണ്ടാവും വീണ്ടും സ്മൃതിയിൽ നിന്നും സംസ്കാരം ഉണ്ടാവും എനിക്കും ആനയുടെ പ്രത്യക്ഷമുണ്ടായി സംസ്കാരം ഉണ്ടായി ഇപ്പൊ സ്മരിക്കുന്നു ഈ സ്മരണയോടുകൂടി എന്ത് ചെയ്തു സംസ്കാരം നശിച്ചു പക്ഷെ നാളെ ഞാൻ വീണ്ടും സ്മരിക്കുന്നത് എന്തുകൊണ്ട് ഇതിൽ നിന്ന് വീണ്ടും സംസ്കാരം ഉണ്ടാകും അപ്പൊ ഈ പ്രത്യഭിജ്ഞയുന്നതിൽ എന്താണ് പ്രത്യക്ഷ സ്മരണാത്മകം ഞാനും പ്രതിജ്ഞ പ്രതിഭിജ്ഞയിൽ ഒരു ഭാഗം പ്രത്യക്ഷമാണെങ്കിൽ ഒരു ഭാഗം സ്മൃതിയാണ് അപ്പൊ അതിലെ ആ ഭാഗം തത്താംശം സ്വയം എന്ന് പറയുന്നല്ല തദാംശം ആംശം സ്മൃതിയാണ് കാശിയിൽ കണ്ട ദേവദത്തൻ എന്ന് പറയുമ്പോ കാശിയിൽ കണ്ട എന്ന് സ്മൃതിയാണ് സ്മൃതി സംസ്കാരത്തെ നശിപ്പിക്കുമല്ലോ ഈ പ്രതിവിജ്ഞര് ഒരു മാനമായി സ്വീകരിക്കുമ്പം ഈ മാനം എന്ത് അതിന്റെ ഒരു ഭാഗം സ്മരണമാണ് ആ സ്മരണം എന്ത് ചെയ്തു സംസ്കാരത്തെ നശിപ്പിച്ചു ആ സ്മൃതിക്ക് ഹേതുവായ സംസ്കാരത്തെ നശിപ്പിച്ചു എന്നാൽ പറഞ്ഞ രീതിയിൽ എന്താണ് ആ സംസ്കാരം അനുമാനപ്രമാണ ഗമ്യവുമാണ് അപ്പോ മാനഗമ്യം അനുമാനപ്രമാണഗമ്യമായ എന്ത് സംസ്കാരം അത് മാന നിവൃത്യം പ്രത്യവിജ്ഞന്ന് പറയുന്ന മാനം കൊണ്ട് അതില്ലാതെ മാനഗമ്യം മാനനിവൃത്തിയെന്ന് പറയാൻ കഴിയത്തില്ല നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല മാനഗമ്യവും മാനനിവൃത്തി പ്രത്യേകം പ്രത്യേകം അതെല്ലാവരും പ്രത്യവിഞ്ഞ അംഗീകരിക്കാത്ത ആരുമില്ല അതും എല്ലാവരും സ്വീകരിക്കും ഇപ്പോ അജ്ഞാനം ജ്ഞാനാഭാവമല്ല എന്തുകൊണ്ട് മാന അഗമ്യം എന്ന് പറഞ്ഞു എന്നിട്ടവിടെ പറഞ്ഞു എന്താണോ അജ്ഞാനം മാനഗമ്യമല്ല മാന നിവർത്തിയമാണെന്ന് പറഞ്ഞു ഇപ്പൊ ആരും നിഷേധിച്ചു നിഷേധിച്ചപ്പോ എന്തായി അജ്ഞാനം ജ്ഞാനാഭാവം അല്ല എന്നുള്ളതും പോയി അല്ലേ പൂരോക്ഷമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോ അജ്ഞാനം ജ്ഞാനാഭാവം മാനഅഗമ്യമാണെന്നുള്ളതിനെ ആ അനുമാനത്തെ ഇതുവരെ കൊണ്ട് ഖണ്ണിച്ചു അത് ഖണ്ഡിച്ചു അതിന് പ്രധാനമായി പറഞ്ഞതാണ് എന്താണ് മാനഗമ്യമായത് മാനനിവൃത്തി ആകത്തില്ല അജ്ഞാനം മാന നിവൃത്തിയമാണ് അതുകൊണ്ട് മാനഗമ്യമല്ല അതിനെ ഇപ്പം നിഷേധിച്ചിട്ട് പറഞ്ഞു അങ്ങനെയല്ല എന്താണ് മാനഗമ്യവും മാനനിവൃത്തിയമാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അജ്ഞാനം ജ്ഞാനാഭാവ എന്ന് പറയുന്ന ഞങ്ങളുടെ അനുമാനത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല അജ്ഞാനം ജ്ഞാനാഭാവമാണ് ഇന്ന് ആര് പറഞ്ഞു അപ്പൊ മൊത്തത്തിൽ പറഞ്ഞെല്ലാം ആർക്കും അനുകൂലമായി വന്നു ഏ ആർക്കാണ് അജ്ഞാനം ജ്ഞാനാഭാവമല്ല എന്നു പറയുന്ന അതിനെ ഹേതു പറഞ്ഞും മാനാഗമ്യമായതുകൊണ്ട് ആ ഹേതുവിന് അനുകൂലിച്ച് യുക്തി പറഞ്ഞു എന്താണ് മാന ഗമ്യം മാനനിവൃത്തിയാകാൻ പാടില്ല ഇപ്പൊ ഇവിടെ എന്താണ് മാനഗമ്യവും മാനനിവർത്തി സ്ഥാപിച്ചു അജ്ഞാനം ജ്ഞാനാഭാവം എന്ന് പറഞ്ഞത് ഏതൊരു അദ്വൈതിക്ക് അനുകൂലമാണ് അർത്ഥം നാണമി ഇത്യാദി വ്യവഹാരോ അത്യന്തസുഷു ജ്യായമാനേ വസംഭാവ്യമാനോ തിരിക്തമേവ ജമയതിപത്തിലുള്ള അജ്ഞാനത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി വിവരണാചാര്യൻ പറഞ്ഞ ഒരു തർക്കമാണ് ം അർത്ഥം ന ജാനാമി എന്നുള്ള ഈ അനുഭവം ഈ അനുഭവത്തിൽ നിന്നും അജ്ഞാനം ഭാവരൂപമാണ് എന്ന് സമർത്ഥിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ആരുടെ വിവരണാചാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അർത്ഥം സംഖ്യാവ ശാസ്ത്രാർത്ഥം വ ന ജാനാമി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനിടെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് ഇതുകൊണ്ട് അജ്ഞാനം ഭാവരൂപമാണെന്ന് ശ്രദ്ധിക്കാം എന്താ ഇതിൻ്റെ അർത്ഥം തുതുക്കം അർത്ഥം ന ജാനാമി നീ പറഞ്ഞ വിഷയം എനിക്കറിയില്ല ഇത്രയേ ഉള്ളൂ നീ പറഞ്ഞ വിഷയം എനിക്കറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഭാവരൂപജ്ഞാനത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ് അത് ശ്രദ്ധിച്ച് മനസ്സിലാകണം എങ്ങനെ ആയതുകൊണ്ട് ഭാവരൂപാജ്ഞാനത്തെ മനസ്സിലാകുന്നു അതായത് രണ്ടുപേരും തമ്മിൽ സംസാരിക്കയാണ് അപ്പോ ഒരാൾ പറഞ്ഞു ശബ്ദോ നിത്യ ശബ്ദത്വ എന്ന് പറഞ്ഞു അതാരും പറയും മീമാംസം അപ്പം താർക്കികം പറയണു തൊതുത്വമർത്ഥം ന ജാനാമി നീ പറഞ്ഞ വിഷയം എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാൻ അറിയുന്നില്ല എന്നുവച്ചാൽ അയാള് പറഞ്ഞ കാര്യത്തിന് ഇത് ഒരു മറുപടി മാത്രമല്ല ഇതൊരു പ്രശ്നമാണ് അറിയാമയ്യാത്ത കാര്യം നീ എന്തിനാ പറയുന്നത് നീ പറയുന്ന കാര്യം എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറയണം അർത്ഥം നീ പറഞ്ഞ വിഷയം എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോ വിവരണാചാര്യന്റെ മനസ്സിലൊരു പന്തെന്ന് പറഞ്ഞാൽ ശബ്ദം എത്തിയോ ശബ്ദത്വ എന്ന് പറഞ്ഞപ്പോഴല്ലേ ഇത് പറഞ്ഞത് ഇപ്പൊ തൊതു അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ നീ പറഞ്ഞ വിഷയം എന്നല്ലേ പറയുന്ന ആദ്യം ഇപ്പൊ നീ പറഞ്ഞ വിഷയത്തെ അറിഞ്ഞില്ലേ അറിയാതെ പറയാൻ പറ്റുമോ നീ പറഞ്ഞ വിഷയം എന്ന് നീ പറഞ്ഞ വിഷയം എന്ന് പറയുമ്പോൾ നീ പറഞ്ഞ വിഷയത്തെ അറിഞ്ഞിരിക്കുന്നു അപ്പൊ അറിഞ്ഞു നാനാമി എന്ന് പറഞ്ഞാൽ എന്താണോ അറിയുന്നില്ല അപ്പൊ ഇവിടെ രണ്ടുമുണ്ട് അല്ലേ അപ്പൊ അറിഞ്ഞൂന്ന് പറയുന്നതിനെ സംബന്ധിച്ച് വിഷയത്തെ അറിയില്ല എന്ന് പറഞ്ഞതോ വിഷയത്തെ സംബന്ധിച്ച് അപ്പൊ ഒരു വിഷയത്തിൽ ഇപ്പോ ഈ വസ്തു ഇവിടെയിരിക്കുന്നു എനിക്ക് പറയാൻ പറ്റും ഇത് അറിയുന്നു അറിയുന്നില്ല ഇത് അറിയുന്നു അറിയുന്നില്ല എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തത് ഈ വിഷയത്തെ സംബന്ധിച്ച് അറിയുന്നു അറിയുന്നില്ല എന്ന് പറഞ്ഞ പരസ്പര വിരുദ്ധമായ കാര്യമാണ് ഒന്നിനെ സംബന്ധിച്ച് അറിയുന്നു അറിയുന്നില്ല എന്നൊരാൾക്ക് പറയാൻ പറ്റില്ല പരസ്പര വിരുദ്ധമാണ് വ്യാഘാതമാണ് പക്ഷെ ഇവിടെ ഇപ്പം തൊതുപ്തം അർത്ഥം ജാനാമി എന്ന് പറയുന്നിടത്ത് ഈ പറയുന്ന അംഗീകരിക്കുന്ന കാര്യം എന്താണ് എനിക്ക് അറിവുകൊണ്ട് അറിവില്ലായ്മ എന്നാണ് ശരി ർത്ഥം ന ജാനാമി എന്ന് പറയുമ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള അറിവ് അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്തായാലും സംഭവിക്കില്ല പക്ഷെ ഈ പറയുന്നയാളെ സ്വയം അംഗീകരിക്കുന്നുണ്ട് എന്താണ്മി അറിവില്ല എന്നുള്ളതിനീകരിക്കുന്നില്ലേ ഉണ്ടോ അറിവില്ല എന്നുള്ളയാൾ അംഗീകരിക്കുന്നുള്ളൂ ന ജാനാമി എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ ഇവിടെ ഇയാൾ അംഗീകരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ തന്നെ അറിവില്ലായ്മ ഉണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ട് എന്നാൽ അത് ആ വിഷയത്തെ സംബന്ധിച്ച അറിവും അറിവില്ലായ്മയും അല്ല എന്തുകൊണ്ട് ഏഷ്യ അതുകൊണ്ടല്ല ഒരു വിഷയത്തെ സംബന്ധിച്ച് അറിവും അറിവില്ലായ്മയും ഒരേ സമയത്ത് ഉണ്ടാകത്തില്ല വിഷയത്തെ സംബന്ധിച്ച് എന്നാൽ അറിവില്ലായ്മയെ കുറിച്ച് ഇയാൾ പറയുന്നുണ്ട് അപ്പം ഇയാളെ അറിവില്ലായ്മയുണ്ട് അത് അറിയുക അറിവില്ലായ്മ എന്ന് പറയുന്ന രണ്ടിൽ നിന്നും ഭിന്നമായ ഒന്നാണ് ഭാവരൂപത്തിലുള്ള അജ്ഞാനമാണ് ഇതാണ് യുക്തി തർക്കം ഒരു വിഷയത്തെ സംബന്ധിച്ച് അറിയുന്നു അറിയുന്നില്ല എന്ന് പറയാൻ കഴിയാതിരിക്കുകയും അറിവില്ലായ്മ അയാൾ സ്വയം പറയുകയും ചെയ്യുമ്പം അറിവില്ലായ്മ അയാളുടെ അനുഭവമാണ് അറിവില്ലായ്മ എന്ന് പറയുന്ന അറിവില്ലായ്മ ആണോ ഞാനാഭാവമല്ല അയാളിലുള്ള അജ്ഞാനം അപ്പൊ അയാളിലിരിക്കുന്ന സാധനത്തെ അജ്ഞാനമെന്നും മുമ്പിൽ വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യത്തെ ജ്ഞാനമെന്നും ഞാനാഭാവമെന്നും പറയാം മനസ്സിലായോ തൊകത്തമർത്ഥം എന്ന ജാനാമി എന്ന് പറയുന്നിടത്ത് വിഷയത്തിലുള്ള കാര്യം വിഷയത്തെ സംബന്ധിച്ച് എന്താണ് ജ്ഞാനവും ജ്ഞാനത്തിൻ്റെ അഭാവവും അപ്പം ജ്ഞാനവും ജ്ഞാനത്തിൻ്റെ അഭാവം എന്ന് പറയുന്നത് ഒരേ സമയം ഒരു വിഷയത്തെ പറ്റി സംഭവിക്കാത്തത് കൊണ്ടും ന ജാനാമി എന്ന് പറയുന്നത് അജ്ഞാനമായതുകൊണ്ട് ആ അജ്ഞാനം എന്ന് പറയുന്നത് അയാളിലുള്ളത് കൊണ്ടും ആ ജ്ഞാനം എന്നു പറയുന്നത് സാക്ഷിഭാസ്യമായ ഭാവരൂപത്തിലുള്ള അജ്ഞാനമാണ് അതെന്തല്ല ജ്ഞാനാഭാവമെന്ന് ജ്ഞാനത്തിനും വിരോധിയായ ജ്ഞാനാഭാവം ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു സമയത്ത് അപ്പോൾ അയാളിലിരിക്കുന്ന സാക്ഷി എന്ത് ചെയ്യുന്നു അയാളിലിരിക്കുന്ന ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് തൊതുതമർത്ഥം ഇത് വ്യക്തമായി മനസ്സിലാക്കിയാല് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഈ ഒരു യുക്തിയിലൂടെയാണ് ഇങ്ങനെ ഒരു യുക്തിയും ഉണ്ടെന്നാ പറയുന്നത് എന്തിനാ ഭാവരൂപ അജ്ഞാനത്തെ സമർത്ഥിക്കുന്നത് കേൾക്കുമ്പം തന്നെ ഒരു നടപടിക്കൊന്നും തീരുന്ന കാര്യമല്ല അതുകൊണ്ട് ഇതിനെ കുറിച്ചുള്ള തർക്കം വീണ്ടും ഇനി സിദ്ധാന്തപക്ഷത്ത് വീണ്ടും വരും ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ അപ്പൊ എന്തുകൊണ്ട് ഭാവരൂപജ്ഞാനം എന്ന് പറയുന്നതിന് യുക്തി ഇതാണ് ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു സമയം ജ്ഞാനവും ജ്ഞാനാഭാവവും ഒരേ വിഷയത്തെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ പറയുന്നിടത്ത് രണ്ടു കൊണ്ട് എന്ത് ർഥം നാമി അപ്പൊ ഇവിടെ ജ്ഞാനവും ജ്ഞാനാഭാവവും അല്ല പറയുന്നു ന ജാനാമി എന്ന് പറയുന്ന വേണമെങ്കിൽ പറയുന്നത് ജ്ഞാനാഭാവമാണ് പക്ഷെ അല്ല ഇതെന്താണ് ഇത് രണ്ടിൽ നിന്നും ഭിന്നമായ ഭാവരൂപത്തിലുള്ള തന്നിലിരിക്കുന്ന അജ്ഞാനത്തെ പറയപ്തം അർത്ഥം നാനാമി എന്ന് പറയുന്നത് ീ പറയുന്ന ആള് തന്നിലിരിക്കുന്ന അജ്ഞാനത്തെ ശബ്ദത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് ഇയാൾ എന്താ സംഭവിച്ചത് ഭീമാസവും പറഞ്ഞു ശബ്ദമോ നിത്യോ ശബ്ദത്വോ എന്ന് പറഞ്ഞപ്പോ അയാൾ ആ വാക്യം കേട്ടു അയാൾക്ക് വാക്യം കേട്ടു കഴിഞ്ഞപ്പോ ഇയാൾ പറയുകയാണ് തൊതുക്കം അർത്ഥം എന്ന ഞാനാമി എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിൽ നിന്ന് ഇയാളുടെ ഉള്ളിൽ ആ വിഷയത്തെ സംബന്ധിച്ച് അറിവും അറിവില്ലായ്മയല്ല ഉണ്ടായത് മറിച്ച് ഭാവരൂപത്തിലുള്ള ഒരജ്ഞാനത്തെ അയാളിൽ അജ്ഞാനം ഉണ്ടായി ആ അജ്ഞാനത്തെ അയാൾ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുകയാണ് ആ അജ്ഞാനം എന്ന് പറയുന്നത് അയാളുടെ ഇരിക്കുന്ന നിത്യസിദ്ധമായിരിക്കുന്ന സാക്ഷിയെ ആശ്രയിച്ചിരിക്കുന്ന അജ്ഞാനമാണ് അതിനെ വെളപ്പെടുത്തുകയാണ് അപ്പോ അയാൾക്ക് അറിവ് ഉണ്ടായില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അയാളിൽ ഭാവരൂപത്തിലുള്ള അജ്ഞാനം ഉണ്ടായെന്നാണ് എന്റെ അർത്ഥം അയാളുണ്ടായി അതാണ് പറയുന്നത് അർത്ഥം സ്വതുക്തം അർത്ഥം എന്ന് പറയുന്നത് ആ വിഷയത്തെ വിഷയത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തെയാണ് സ്വതുക്തം അർത്ഥം എന്ന് പറഞ്ഞപ്പോ അയാൾ അംഗീകരിക്കുന്നുണ്ട് ഏഹ് ആരല്ലേ ഞാനും അജ്ഞാനവും അംഗീകരിക്കുന്നുണ്ട് അയാളുടെ ഉണ്ടായതെന്താണ് അജ്ഞാനം വിഷയത്തെ കുറിച്ചുള്ള അജ്ഞാനമാണ് അയാളുടെ ഉണ്ടായത് ജ്ഞാനമല്ല ഇങ്ങനെ പറയാം എന്താണ് തൊതുക്കം അർത്ഥം എന്ന് പറയുന്നത് കൊണ്ട് ജ്ഞാനവും നാനാമി എന്ന് പറയുന്നത് കൊണ്ട് ജ്ഞാനാഭാവവും എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതല്ലെന്നാ പറയുന്നത് അയാൾ എന്താ സംഭവിച്ചത് അജ്ഞാനം ജ്ഞാനവും ജ്ഞാനാഭാവവും എന്ന് പറയാൻ പറ്റില്ല അജ്ഞാനമാണ് അജ്ഞാനമാണ് അയാൾ ഉണ്ടായത് അതിനുള്ള വാക്കുകളിലൂടെ വെളിപ്പെടുത്തുകയാണ് അതാണ് വിഷയം അജ്ഞാനത്തിൻ്റെ വിഷയം സംശയുണ്ടെങ്കിൽ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നു വായിക്ക ഹിന്ദിയിൽ അത് മാത്രം അഭിപ്രായം ആചാര്യ മന്ത്രീജിയൊന്ന് പറഞ്ഞു കൊടുത്തേ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ താല്പര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശിഷ്യചാരനോട് അപേക്ഷിക്കുകയാണ് ഗുരു അങ് പറഞ്ഞ മന്ത്രം ഞാൻ മറന്നുപോയി മന്ത്രത്തിന്റെ അർത്ഥം ഞാൻ മറന്നുപോയി ആദ്യമേ വീണ്ടും പറഞ്ഞുതരു അത് മനസ്സിലായോട് മനസിലായോ വിചാരണ ശിഷ്യ ജിസ അർത്ഥ കോ ഗുരു പൂച്ചി കോ ജാത ഹെ ഗുരുവിനോട് ചോദിക്കുന്ന അർത്ഥം അറിയാവുന്നതാണോ അറിയാത്തതാണോ യുദ്ധി ജ്ഞാത് ഹെ ഭൂൽ ഗേസ അറിയാവുന്നതാണെങ്കിൽ അത് മറന്നുപോയി എന്ന് പറയാൻ പറ്റും വിഷയമേ അർത്ഥ ബേ യ പ്രയോഗം പ്രയോഗി ന അറിയാത്തതാണെങ്കിൽ ശബ്ദപ്രയോഗം ചെയ്യാൻ സാധിക്കയില്ല ആചാര്യനോട് ക്ലാസ് കഴിഞ്ഞിട്ട് ശിഷ്യൻ ചോദിക്കുന്നു എന്താണ് അങ്ങെന്താണോ പറഞ്ഞാൽ മറന്നുപോയി എന്ന് പറയും ഒന്നുകൂടെ പറയാൻ പറയുന്നു പറയുന്നു അറിഞ്ഞെങ്കിൽ എന്താണോ അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ട് ചോദിക്കേണ്ട കാര്യമില്ല അറിഞ്ഞെങ്കിൽ ചോദിക്കേണ്ട കാര്യമില്ല ഇനി അറിഞ്ഞില്ലെങ്കിലോ അറിഞ്ഞില്ലെങ്കിൽ ചോദിക്കാൻ പറ്റുമോ അങ്ങനെ അല്ലേ യദി ഞാത ഹെ ഭൂൽഗയ കൈസേക്ക അറിഞ്ഞെങ്കിൽ പിന്നെ മറന്നു എങ്ങനെ പറയും അറിഞ്ഞാൽ പിന്നെ മറന്നു എന്ന് പറയാൻ പറ്റുമോ ഏ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് പറഞ്ഞുതരാൻ എങ്ങനെ പറയും ഒട്ടും അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ശെരി സംബന്ധിച്ച് അറിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് അതിനെ കുറിച്ച് പറയുന്നു അതൊക്കെ വേറെ വിഷയം ഈ ഭാഗം മനസ്സിലായോ ഇത്രയും ചോദിക്കുന്നു ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നു എന്താണ് അങ്ങ് പറഞ്ഞു ഞാൻ മറന്നുപോയി പറഞ്ഞു തരണ അപ്പോ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിഞ്ഞെങ്കിൽ മറന്നുപോയി എന്ന് അങ്ങനെ പറയും അറിഞ്ഞില്ലെങ്കിൽ പിന്നെന്താണ് പറഞ്ഞു തരാൻ അങ്ങനെ ആവശ്യപ്പെടും എന്നുള്ളതാണ് ഇത് വ്യക്തമായോ അങ്ങനെ അതല്ലേ മറന്നുപോയി എന്ന് ണോ നിയമവും ഇല്ല ആ അല്ലാതെ വ്യക്തമായി പറഞ്ഞല്ലോ മറന്നുപോയി അങ്ങ് പറഞ്ഞത് അല്ലേ മറന്നുപോയി എന്നാലേ പറയാൻ പറ്റും മറന്നുപോയി ഏ സാമാന്യം വിശേഷം ഒന്നിവിടെ വരുന്ന പ്രശ്നമേ അല്ല ഇവിടെ വരുന്ന എന്താണ് യാള് പറഞ്ഞ ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് അല്ലേ അങ്ങനെ അങ്ങനെ പറയുന്നു സാമാന്യമായി അറിഞ്ഞു വിശേഷമായി അറിഞ്ഞല്ലോ അങ്ങനെയൊന്നും അല്ലല്ലോ പറയുന്നു അറിഞ്ഞത് ഞാൻ മറന്നുപോയി അതല്ല ഇവിടെ ഇങ്ങനെ പറയുന്നത് എന്താണോ മന്ത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് പറയുന്നുണ്ട് അങ്ങ് പറഞ്ഞ മന്ത്രത്തിന്റെ അർത്ഥം ഞാൻ മറന്നുപോയി എന്ന് പറയും ഒന്നുകൂടി പറയാൻ പറയുന്നു ഇവിടെ ചോദിക്കുന്നത് അറിഞ്ഞെങ്കിൽ എന്താണ് മറന്നുപോയി എന്നങ്ങനെ പറയാൻ പറ്റും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആവശ്യപ്പെടുന്ന എങ്ങനെ ഇതാണ് മനസ്സിലെങ്ങനെ അറിഞ്ഞ ആ അതുകൊണ്ടാ പറയുന്നത് അതുകൊണ്ടാ പറഞ്ഞ അറിഞ്ഞുകൊണ്ടാണ് അയാള് മറന്നുപോയത് അറിയാതെ മറന്നു അറിയാൻ പറ്റും ഈ വാക്ക് തന്നിലുള്ള പ്രകടിപ്പിക്കുന്ന ജ്ഞാനത്തിന്റെ അഭാവം എന്തുകൊണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ അറിവും അറിവില്ലായ്മയും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരിടത്തിരിക്കാത്തത് കൊണ്ട് ഇതല്ല അജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് വേറെ ജ്ഞാനത്തിന്റെ അഭാവമല്ല ഇവിടെ വേറെയാണ് വേറെ ഒരു സംഗതിയാണ് രണ്ടും ഒന്നല്ല എന്നുള്ളതാണ് ഒരേ വിഷയത്തെ സംബന്ധിച്ച അർത്ഥം എന്ന് പറയുന്നതാണ് ത്വതുക്തം അർത്ഥം ആ വിഷയത്തെ രണ്ട് വിഷയമാണെങ്കിൽ പ്രശ്നം വരുന്നില്ല ഇവിടെ പറയുന്ന എന്താണ് ത്വതുതം അർത്ഥം എന്ന് പറയുമ്പോൾ അവിടെ അറിവിനസ് അംഗീകരിക്കുന്നു പിന്നെ ജാനാമി എന്നും പറയുന്നു അപ്പോൾ അത് ജ്ഞാനാഭാവമാണോ എന്നാ ജാനാമി എന്ന് പറയുന്നത് എന്നാണ് അപ്പോ അറിവിനോടൊപ്പം അറിവില്ലായ്മ ഇരിക്കത്തില്ല അതുകൊണ്ട് ഇവിടെ തന്ന ജാനാമി എന്ന് പറയുന്നത് അറിവില്ലായ്മയല്ല മറിച്ച് എന്താണ് അജ്ഞാനം തന്നില്ലിരിക്കുന്നതാണ് അറിവില്ലായ്മയാണെങ്കിൽ അത് അറിവിനോടൊപ്പം ഇരിക്കത്തില്ല എന്നാണ് ഇപ്പൊ ഇയാൾ ഇപ്പൊ ഒരാളിൽ പല അറിവും വരാം അറിവിന് കുഴപ്പമില്ല അറിവിന്റെ ഭാഗത്തുള്ള പ്രശ്നം വരുന്നത് അറി ഒരേ വിഷയത്തെ സംബന്ധിച്ച് അറിവും അറിവില്ലായ്മയും ഒരു വ്യക്തിയിൽ ഇരിക്കും എന്നുള്ളതാണ് അത് ഇരിക്കാൻ പറ്റില്ല പരസ്പര വിരുദ്ധം വ്യാഘാതം എന്നാൽ ഇവിടെ ഇയാൾ സ്വയം പറയുന്നത് എന്താണല്ല ജാനാമി അപ്പൊ ഇയാളുടെ അറിവില്ലായ്മ അംഗീകരിച്ചേ പറ്റും അല്ലേ പറയുന്നത് അറിവിന്റെ അഭാവമായ അറിവില്ലായ്മ അല്ല തന്നിലിരിക്കുന്ന ഭാവരൂപത്തിലുള്ള അജ്ഞാനമാണെന്നാണ് ഇവിടെ സുസുകാചാര്യം പറയുന്നത് ഹിന്ദി വായിക്കാൻ പറയുന്ന പറഞ്ഞതെന്ന് വെച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്നതും ഈ പറഞ്ഞിരിക്കുന്നതായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അതെങ്കിലും മനസ്സിലായാ മനസ്സിലായോ ഹിന്ദിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യമല്ല നിങ്ങൾ ആരെങ്കിലും പോയി വായിച്ചു നോക്കിയിട്ട് അതും ഇതും രണ്ടും ഇവിടെ ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ പറഞ്ഞാണ് ഏഹ് ശബ്ദപ്രയോഗത്തെ കുറിച്ചൊക്കെ അതല്ല ഹിന്ദിയിൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഏ സംസ്കൃതി പറയുന്നത് കൊണ്ട് ഇത് ശ്രദ്ധിക്കാൻ പറ്റൂ ഹിന്ദി പറയുന്നത് ഒരാൾ ഒരു കാര്യത്തെ അറിഞ്ഞിട്ട് മറക്കുന്ന കാര്യമാണ് വിസ്മരണമാണ് ഇവിടെ വിസ്മരണത്തെ പറയുന്നത് എന്താണ് അജ്ഞാനത്തെ കുറിച്ചാണ് രണ്ട് കാര്യമാണ് വിസ്മരണം എന്ന് പറയുന്നത് ഒരു കാര്യത്തെ നമ്മൾ അറിഞ്ഞു അതിനെ നമുക്ക് പൂർണമായും വിസ്മരിക്കാം അല്ലേ അപ്പോൾ അവിടെ സ്മരണമില്ല എന്നാണ് പറയുന്നത് പൂർണ്ണമായും വിസ്മരണമുള്ളത് കൊണ്ട് ആ വിസ്മരണമെന്ന് പറയുന്നത് സ്മരണത്തിൻ്റെ അഭാവമാകാം സ്മരണത്തിൻ്റെ അഭാവം ഉള്ളത് കാരണം അത് അറിഞ്ഞതിന് ശേഷം മറക്കുകയാണ് നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ ശബ്ദം എത്തിയ ശബ്ദത്വ കേട്ടു കേട്ടുകഴിഞ്ഞിട്ട് അയാൾ അവിടെ ന ജാനാമി എന്നല്ല പറയുന്നത് മയാവിസ്മൃതം എന്നായിരിക്കും പറയുന്നത് രണ്ട് രണ്ടാണ് ന ജാനാമി എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം എന്താണ് ഞാൻ അറിയുന്നില്ല വിസ്മൃതം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അറിഞ്ഞു പക്ഷെ മറന്നു രണ്ട് രണ്ട് കാര്യമാണ് ഈ വ്യാഖ്യാനം വേണ്ടിയാണ് ഈ വ്യത്യാസം മനസ്സിലായത് അപ്പൊ ഇവിടെ അറിഞ്ഞു മറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് അറിവുണ്ടായി പിൽക്കാലത്ത് മറന്നു അവിടെ അറിവും അറിവില്ലായ്മയും ഒരിടത്ത് ഇരിക്കുന്നില്ല ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു കാലത്ത് അറിവുണ്ടായി ഇക്കാലത്ത് മറവിയും ഉണ്ടായി മറവിയെന്ന് പറയുന്നത് മുമ്പുണ്ടായ ആ അറിവ് നഷ്ടപ്പെട്ടാണിപ്പം അതില്ല ഇവിടെ അങ്ങനെയല്ല ഒരേ സമയത്തന്നെ എന്ത് ചെയ്യുന്നു ഇയാള് പറയുന്നത് സ്വതൃപ്തം അർത്ഥം എന്ന് പറയുന്നത് കൊണ്ട് അവിടെ അറിവുണ്ട് എന്നാൽ അറിവില്ലായ്മയുണ്ട് ഈ അറിവില്ലായ്മ എന്താണെന്നുള്ളതാണ് എന്താണ് ഈ അറിവില്ലായ്മ അറിവിന്റെ അഭാവമാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം അറിവുണ്ട് അപ്പൊ പിന്നെ ഇതെന്തായിരിക്കും ഭാവരൂപത്തിലുള്ള അജ്ഞാനം ആ വ്യക്തിയിലിരിക്കുന്ന അജ്ഞാനത്തെയാണ് പറയുന്നത് ഇതെവിടുന്ന് വന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോ അയാളിൽ അങ്ങനെ ഒരു അജ്ഞാനം എന്തിനെ സംബന്ധിച്ച് തൊതുവം അർത്ഥം അർത്ഥത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനം ഉണ്ടായി അത് ഭാവരൂപത്തിലുള്ള അജ്ഞാനം എന്നാണ് ഗ്രന്ഥകാരം പറയുന്നത് പക്ഷേ വ്യാഖ്യാനിച്ചാണ് അത് മനസ്സിലായത് ഇതിന്റെ രസകരമായ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വടക്കേന്ത്യയിൽ പോയി ഇത് പഠിച്ചാൽ എല്ലായിടത്തും പറയുന്നത് ഇത് ഏത് ഈ ഹിന്ദിയാണ് എല്ലാവരും പഠിപ്പിക്കുന്നത് എവിടെ ചെന്നാൽ അതുകൊണ്ടല്ല ഇതാണ് സാമ്പ്രദായികമെന്ന് പറയുന്നത് കാരണം ഈ ഹിന്ദി വ്യാഖ്യാനം എഴുതിയൊരു വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി എന്ന് പറയുന്നത് അംഗീകരിക്കുന്നത് ഈ പഠിപ്പിക്കുന്ന ആള് സ്വയം ചിന്തിക്കുന്ന എന്താണ് അദ്ദേഹം എന്നെക്കാളും എത്രയോ വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റൂ പറ്റില്ല അതുകൊണ്ട് ഇത് ശരിയാണെന്ന് ധരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ആകെ വ്യാഖ്യാനിച്ചു കുഴഞ്ഞു കുഴഞ്ഞു ഇത് ഒരിടത്ത് എത്തത്തില്ല അവസാനം അവസാനം പറയും തൊതുപ്താർത്ഥം ജാനാമി എന്ന് പറഞ്ഞ് പിരിയും അവസാനം പിരിയുന്ന എങ്ങനെയാണ് തൊതുപ്താർത്ഥം ജാനാമി എന്താ മനസിലായോ അവസാനം പഠിപ്പിക്കുന്ന ആളിനും മനസ്സിലാകത്തില്ല പഠിക്കുന്ന ആളിനും മനസ്സിലാകത്തില്ല അവസാനം തൊതുവർത്താൻ ജാനാമി എന്ന് പറഞ്ഞ് പിരിയുന്നല്ലാതെ ഇതിലൊരു തീരുമാനം ഉണ്ടാവത്തില്ലാത്ത വേറെ വ്യാഖ്യാനം ഉണ്ട് അതിലും ഇങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു കാരണം ഈ വ്യാഖ്യാനം എഴുതിട്ടാണ് വേറെ വയ്ക്കാനും വന്നത് വ്യാഖ്യാനം എഴുതിയ ആള് ഇത് തന്നെ കോപ്പി ചെയ്ത് വെച്ചു ഏഹ് തെറ്റായ വ്യാഖ്യാനം എത്ര പ്രാമാണികൾ ഉപേക്ഷിക്കുന്ന രീതി ഉണ്ടല്ലോ അതാരറിയുന്നു അങ്ങനെ ചിന്തിക്കണ്ടേ അത് വേറൊരു ആശ്രയില്ല ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞു ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അവന്റെ കഴുത്തിനല്ലേ കൊത്തിപ്പിടിക്കുന്നത് ശങ്കരാചാര്യ അങ്ങനെ പറയൂന്നല്ലേ ചോദിക്കുന്നു സാർ ഈ ശങ്കരാനന്ദ്ര സരസ്വതി എന്ന് പറഞ്ഞ അദ്ദേഹം ശങ്കരാനന്ദി എന്നൊരു ഗീതാ വ്യാഖ്യാനായിട്ട് ആരും പിടിക്കാതെ പോയിട്ടുണ്ട് ഏഹ് ാനന്ദി എന്നൊരു ഗീതാ വ്യാഖ്യാനം പോയിട്ടുണ്ടല്ലോ അതിലേലും കുരുക്ഷേത്രയില് യുദ്ധം നടന്നോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത് അല്ല ആ പുസ്തകത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതൊരു ഉപേക്ഷിക്കപ്പെട്ടില്ല ആ കാരണം തുടക്കത്തിൽ തന്നെ എങ്ങനെ വന്നു തുടക്കത്തിൽ തന്നെ ഇങ്ങനെ വന്നു അത് ശങ്കരാനന്ദി മാത്രമല്ല മധസൂൻ സരസ്വതി അങ്ങനെ വ്യാഖ്യാനിച്ച് ആ പിന്നെ പിന്തുടരുകയും ചെയ്തു ആ അപ്പോ ഒരബദ്ധം വന്നു കഴിഞ്ഞാ പഠിക്കാതെ അതേ ഒരു ശങ്കരാചാര്യായിരുന്നു എന്നാ പറയുന്നുണ്ട് അതുകൊണ്ടാണോന്ന് എനിക്കറിയത്തില്ല കൊണ്ടത് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതിനകത്ത് അപ്പൊ ഇതില് ഹിന്ദിയെ സംബന്ധിച്ച് മുമ്പ് ഞാൻ ഈ ഹിന്ദി കാര്യമായി വായിച്ചിട്ടില്ല ഇതിനെ കുറിച്ച് വലിയ മതിപ്പായിരുന്നു ഹിന്ദി ശരിക്കും വായിച്ചു നോക്കുന്ന ഇപ്പഴാണ്ട് ഹിന്ദി വായിക്കേണ്ട കാര്യമില്ല കാരണം ക്ലാസിങ്ങിനെ ആയിട്ട് പോയത് പക്ഷെ ഇപ്പൊ വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിനെ തുടർന്ന് ഇനി വരുന്ന ഈ ഭാഗത്തിൽ വരുന്ന ഈ പൂർവ്വ ഇവിടെ പൂർവ്വപക്ഷവും സിദ്ധാന്തവും എല്ലാം എന്താണ് ഇങ്ങനെ ഈ കുളമാണ് ഈ തുടർന്ന് പിന്നെ പോകുന്നു മൊത്തം കുളമാണ് അതേസമയം നാനപ്രസാദനയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സംസ്കൃത വ്യാഖ്യാനത്തിൽ ശ്രദ്ധിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ആർക്കും മനസ്സിലാക്കി ഒരു സംശയം വരാത്തരീ പറഞ്ഞു അങ്ങനെ ഒരു സംസ്കൃത വ്യാഖ്യാനം ഉണ്ടായിരുന്നിട്ടും ഈ അബദ്ധം എഴുതി ഇത് ഇവിടെ മാത്രമല്ല ഞാൻ പലയിടത്തും കാണിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാരെ അബദ്ധം പ്രമാദം എന്നെല്ലാവരൊന്നും പറയാൻ പണ്ഡിതന്മാർക്കും അബദ്ധം പറ്റും എല്ലാവർക്കും പറ്റും പക്ഷെ ഇത് ഒരുപാടാകുമ്പോഴാ പ്രശ്നം മനസ്സിരുത്തി വായിക്കാൻ വഴിയില്ല വായിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല വായിച്ചിട്ടുള്ള ആള് തന്നെയാണ് പക്ഷെ അത്രയും മനസ്സിരുത്തി ഏകാഗ്രതയോടുകൂടി നോക്കാൻ വഴിയില്ല മനസ്സിൽ തോന്നിയ അതുമല്ല ഒരു ഏറ്റവും പ്രധാനമായൊരു കാര്യം ഇദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു അപ്പോ വടക്കേന്ത്യയിലൊരു രീതി എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞാൽ പറഞ്ഞതാണ് പിന്നെ അവിടെ മറച്ചെന്ന് ചിന്തിക്കേണ്ട ആവശ്യം അങ്ങനെ ഒരു ബാധ്യത വിദ്യാർത്ഥികൾക്കില്ല കാരണം സാറെല്ലാം പഠിച്ചിട്ട് പറയുന്ന ആളാണ് അപ്പൊ സാറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പുറകെ ആകും അവൻ്റെ ചിന്ത മുഴുവൻ അവന്റെ പുറകെ അങ്ങ് പോവും പിന്നെ അവൻ ചിന്തിക്കുന്ന മുഴുവൽ ഗയാ എന്ന് പറയുന്ന കുറിച്ചായിരിക്കും എന്നാ എന്താണ് ജാനാമി എന്നുള്ള ഭാഗമേ അങ് വിടും രണ്ടും തമ്മിലെ വ്യത്യാസത്തെക്കുറിച്ച് ചിന്തിക്കില്ല അറിയുന്നില്ല എന്ന് പറയുന്നു മറന്നു പോയി എന്ന് പറയുന്ന തമ്മിൽ എന്താ വ്യത്യാസം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പിന്നെ ചിന്തിക്കത്തില്ല അത് ആ ഇതിനെന്ത് പറയുന്നത് ശ്രദ്ധ എന്ന് പറയുന്നു ഗുരുവാക്യ സത്യബുദ്ധി അവധാരണ അതാണ് ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും എന്ത് വേണം സത്യബുദ്ധി വേണം അപ്പൊ ഗുരു എന്തെങ്കിലും അബദ്ധം പറഞ്ഞാലും ശിഷ്യനെ സംബന്ധിച്ച് എന്തായിരിക്കും സത്യം അത് സത്യമായിരിക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ എല്ലാം പറയുന്നതിനും നല്ല വശമുണ്ട് എന്തോ മോശമായ വശമുണ്ട് ശ്രദ്ധ വേണ്ടത് തന്നെയാണ് പക്ഷെ അബദ്ധത്തിൽ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ ഇനി പറഞ്ഞു വരുന്ന ഭാഗങ്ങൾ ഈ സംസ്കൃത വ്യാഖ്യാനമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാകും കാരണം ഇവിടെ തന്നെ തെറ്റി സെലിപ്പായി പോയി എങ്ങനെ കഴിഞ്ഞപ്പന്നെ ഒരു മലയുടെ മേളിൽ ചെന്നിട്ട് സിപ്പായി കഴിഞ്ഞാൽ ഉരുണ്ടൂരുണ്ടെങ്കിൽ താഴെ അതുപോലെ ഇതൊരു വലിയ ചിസ്വീന്നു വലിയ പർവ്വതമാണ് അതിൻ്റെ മേളിൽ കയറി ഒരാൾ ശില്പായ എവിടെ ചെന്ന് കിടക്കും വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അധ്യാപകനാണോ അദ്ദേഹം ആശ്രമത്തിലെയും അവർക്കൊരു സംസ്കൃത വിദ്യാലയം ഉണ്ടായിരുന്നു പഴയ പ്രാചീനമായ ഉദാസീന സംസ്കൃത വിദ്യാലയം അതിന്റെ പ്രിൻസിപ്പളോ മറ്റോ പക്ഷെ ഇങ്ങനെ ഒരു ചില സ്ഥലങ്ങളുണ്ടെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ ഉപകാരമാണ് ഉപകാരത്തെ വിസ്മരിക്കാൻ പാടില്ല സഹായകമായ ഒരുപാട് ഭാഗങ്ങളുണ്ട് പക്ഷെ ചെറുടത്തോടെ വീഴ്ച സഹിക്കാൻ വയ്യാത്ത വീഴ്ച അതാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം ഭാമതി ഖണ്ഡനം അദ്വൈസിദ്ധി ചിസ്സുകി ഒത്തിരി മാനമയോദയത്തിന് പോലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾക്കുണ്ട് അപ്പം അതെല്ലാം ഉപയോഗമില്ലാത്തതെന്നല്ല പറയുന്നത് അതെല്ലാം ഒരുപാട് നമുക്ക് ഉപയോഗമുള്ള ഭാഗങ്ങളുമുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങള് വന്നിട്ടുള്ള വീഴ്ച ഇന്നും ശ്രദ്ധ കൊണ്ട് സ്വീകരിക്കുന്നു എല്ലാവരും അതൊരു വലിയ വീഴ്ചയാണ് അപ്പൊ ഇവിടെ പറയുന്നു എന്ന് വച്ചർത്ഥം ന ജാനാമി ഇത്യാദി വ്യവഹാരോ അത്യന്ത സുഷുപ്തേ ന്യായമാനേവ അസംഭാവ്യമാണോ നീ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളോട് ഒരാള് പറയുന്നു ഈ കാര്യം എന്താണ് ശബ്ദം ഒന്നെത്തിയോ ശബ്ദം നിങ്ങൾ ഉറക്കത്തിലാണെങ്കില് എന്തു പറയും ഒന്നും പറയാൻ എന്തുകൊണ്ട് ഒന്നും അറിയത്തില്ല അപ്പൊ അത്യന്ത സുഷുപ്ത എന്ന് പറഞ്ഞ ഇവിടെ ഉറങ്ങിക്കിടക്കുമ്പോഴെന്നുള്ളതല്ല ഒന്നും അറിഞ്ഞില്ലെങ്കിൽ മറുപടി പറയാൻ പറ്റില്ല എന്താണ് തൊതുതം അർത്ഥം ജാനാമി എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ശബ്ദവും നിത്യോ ശബ്ദത്വന്ന് പറയുന്ന വാക്യം കേട്ടു കേട്ടുകഴിഞ്ഞ് ഇയാളുടെ അറിവിൽ ഇയാളുടെ അറിവുണ്ടായി അത് കഴിഞ്ഞിട്ടാണ് ഇയാളൊരു വാക്യം പ്രയോഗിക്കുന്നത് എന്താണ് തൊതുക്തം അർത്ഥം അപ്പൊ അത്യന്ത സുഷുപ്തം എന്ന് പറഞ്ഞാൽ അത്യന്ത അജ്ഞാതമല്ല ഇത് അങ്ങനെയാണെങ്കി ഇത് പറയാൻ പറ്റില്ല പിന്നെ ന്യായമാനേവ ശരിക്ക് വ്യക്തമായും മനസ്സിലായി ഏത് ചേർക്കണമെന്നില്ല ന്യായമാനെന്ന് വെച്ചാൽ വ്യക്തമായി അത് അത് പറയാൻ കാരണം ഇതാണ് ഒരുപോലെ വ്യക്തമായിട്ട് അറിയുന്നു ശബ്ദമൊന്നെത്തിയോ ശബ്ദത്വം അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞ പിന്നെ തൊതുപ്തം അർത്ഥം നീ പറഞ്ഞ വിഷയം ഞാൻ അറിയുന്നില്ല എന്നങ്ങനെ പറയും അത് പറയാൻ പറ്റില്ലല്ലോ അറിയുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് പറയാൻ പറ്റില്ല കാരണം അറിഞ്ഞു അറിഞ്ഞാ അറിഞ്ഞില്ലെന്ന് അങ്ങനെ പറയാൻ പറ്റും എന്താണ് അതാണ് അത്യന്തസു ന്യായമാനേവ അസംഭാവ്യമാനോ അസംഭാവ്യമാനാണ് അസംഭാവ്യമാനമാണെന്ത് വ്യവഹാരം മുമ്പ് അവിടെ നോക്കണം ി വ്യവഹാരം ഇത് ഒരിക്കലും ഒരാൾ സംഭവിക്കത്തേയില്ല അപ്പൊ ഇങ്ങനെ തൊതുപ്തം അർത്ഥം എന്ന ജാനാമി എന്നുള്ള വ്യവഹാരം എന്ത് ചെയ്യുന്നു അതിരിക്തമേവ ജ്ഞാനാഭാവാതജ്ഞാന ഗമേദി ഇവിടെ ജ്ഞാനാഭാവത്തിൽ നിന്നും ഭിന്നമായ ഒരജ്ഞാനത്തെ വെളിപ്പെടുത്തുന്നു പറയുന്നവന്റെ ുള്ളിലിരിക്കുന്ന അവന്റെ ഉള്ളിലിരിക്കുന്ന സാക്ഷി പ്രകാശിപ്പിക്കുന്ന ഒരജ്ഞാനത്തെയാണ് ഇതിൽ നിന്ന് ഈ വാക്യം കൊണ്ട് വെളിപ്പെടുന്നത് അർത്ഥം എന്ന ജ്ഞാനാമി എന്ന് പറയുന്ന ആ വാക്യം വെളിപ്പെടുത്തുന്നത് അങ്ങനെ ഒരു അജ്ഞാനത്തെയാണ് അതിനുള്ള യുക്തി ഇതാണ് എന്താണ് ഒരു വിഷയത്തെ സംബന്ധിച്ച് ജ്ഞാനവും അജ്ഞാന ജ്ഞാനാഭാവവും പരസ്പര വിരുദ്ധമായത് ഒരു കാലത്ത് സംഭവിക്കില്ല പക്ഷെ ഇയാളിൽ അജ്ഞാനം സംഭവിച്ചു അപ്പോൾ അജ്ഞാനം എന്ന് പറയുന്നത് ഞാനാഭാവമല്ല ഭാവരൂപത്തിലുള്ള ഞാൻ അപ്പോ ഈ ഭാവരൂപാജ്ഞാനത്തിൽ എന്താ പറയുന്നത് അഭാവവിലണം എന്നാണ് എന്താണ് ഈ ഭാവരൂപാജ്ഞാനം എന്ന് പറഞ്ഞാൽ അന്നിൻ്റെ അടുത്ത് സിദ്ധാന്തം പറയുമ്പോൾ പറയും ഭാവരൂപാജ്ഞാനം വെച്ചാൽ അഭാവമല്ല ഇത്രേയുള്ളൂ അഭാവം വിലക്ഷണം എന്ന് പറയും അതിനപ്പുറം ഭാവരുവാജ്ഞാനത്തെ കുറിച്ചൊന്നും പറയാനും പറ്റത്തില്ല അഭാവം അല്ലെന്നേ പറയാൻ പറ്റും അതിപ്പോ തെളിഞ്ഞല്ലോ അഭാവം ഭാവത്തിനോടൊപ്പം ഒരു സ്ഥലത്തിരിക്കില്ല എന്നാണ് അത് ശരിക്ക് ചിന്തിച്ച് മനസ്സിലാവും